ആനന്ദകൻ ബ്രഹ്മാത്മത സംസ്കാരത്തിന്റെ നാശം ഉണ്ട് ആത്മാവിനുളള എല്ലാ ദുഃഖവും ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ദുഃഖവും അവസാനിക്കുന്നു എന്ന് മാത്രമല്ല പിന്നെന്താണോ ആനന്ദഘലം ആനന്ദത്തിന്റെ ആനന്ദഘടനമായിരിക്കുന്നു ബ്രഹ്മസാക്ഷനന്ദനമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത് ആനന്ദം മാത്രമായിരിക്കുന്ന വസ്തു ഈ പറയുന്നത് ജ്ഞാനം വന്ന് ജ്ഞാനം നശിച്ച് പിന്നീട് കേവലം ആനന്ദം മാത്രം അവിടെ ദുഃഖലേശം കാണാം എന്ന് പറഞ്ഞത് നിഖില ദുഃഖാനുഷം എല്ലാ ദുഃഖങ്ങളും പോയി ദുഃഖം പോയി കഴിഞ്ഞാൽ പിന്നെ അവള് ബോറടിക്കും വിരസമായിരിക്കും അങ്ങനെ വരാ ദുഃഖം എന്താണെന്ന് വിചാരിക്കസുഖം വിരസമായ അവസ്ഥ വരും അങ്ങനെ ബ്രഹ്മസ്വയം ആനന്ദോണ്ട് ആനന്ദസ്വരൂപമായിട്ട് ആനന്ദത്തെ പ്രത്യേകിച്ച് അനുഭവിക്കേണ്ട ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പ്രസംഗിക്കാവുന്ന കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആനന്ദത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെയാണ് പ്രസംഗിക്കുന്നതും പുസ്തകങ്ങൾ സംഗതി ശരിയാണോ അങ്ങനെ ആനന്ദനമായി ആനന്ദം മാത്രമായി മനുഷ്യന് ഇരിക്കാൻ പറ്റും പറഞ്ഞൊരു വ്യക്തിയുടെ അനുഭവമാണ് അത് തെറ്റൊന്നുമില്ല പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ചേർത്ത് പറയണന്നുണ്ടെങ്കിൽ That process ോസസ് ടോപ് ഡൌൺ അതായത് വേൾഡ് ഇൻ ദ ബ്രെയിൻ ഇതാണ് സാധനം നടക്കുന്ന ഒരു പ്രോസസ് ലോകം നമ്മളെ ബ്രെയിൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കും സാധാരണ സംഭവിക്കുന്നത് എന്തിനാണ് ഡൗൺ അപ്പ് പ്രോസസ് ഇത് മാറിട്ട് ഏകാഗ്രമായി അദ്ദേഹം പറയുന്ന കഴിഞ്ഞാൽ ആ പ്രോസസ് മാറിയിട്ട് എന്താകുന്നു ബ്രെയിൻ ഇൻ ദു എക്സ്പീരിയൻസ് നേരത്തെ വേൾഡ് എന്തും മാറുന്നു ബ്രെയിൻ എക്സ്പീരിയൻസിനെ ക്രിയേറ്റ് ചെയ്തു അതാണ് സംഭവം അപ്പൊ പുറമേ നിന്ന് ഉള്ളിലേക്ക് വേൾഡിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് ഉള്ള മെസ്സേജുകളെല്ലാം വളരെ കുറയും ഇരയില്ലാതാവുന്നില്ല കുറയും ഇരയില്ലാതാവുന്നില്ല എന്ന് പറയാൻ കാരണം പുറമേ നമ്മൾ കണ്ണടിച്ചിരുന്നാവുന്നതും കാണുന്നില്ല സ്വന്തം കേൾക്കാത്തിരുന്ന കേൾക്കത്തില്ല പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചില മെസ്സേജുകളൊക്കെ ബ്രെയിനിൽ കിട്ടിക്കൊണ്ടിരിക്കും തടയാൻ ചെയ്ത ശ്വാസോച്ഛം നടക്കുന്നു ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഹാർട്ട് ബീറ്റിംഗ് ഇങ്ങനെയുള്ള ഈ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടുന്ന മെസ്സേജുകളെല്ലാം എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ബ്രെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കും അതില്ലാതാകുന്നില്ല അത് ബ്രെയിൻ ടെത്ത് സംഭവിച്ചാൽ അതൊക്കെ ഇല്ലാതാവും അതിൻ്റെ രൂപത്തിന് എന്ത് ചെയ്യുന്നു അത് നിലവിലുള്ള നമ്പറി പാറ്റേൺസ് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ക്രിയേറ്റ് ചെയ്യും അവിടെ എന്താ സംഭവിക്കുന്ന ഡോക്യുമെന്റ് പോലെയുള്ള കൂടുതലായി റിലീസ് ചെയ്യും കാരണം ആയി പുറമേന്നുള്ള അഭിജോക്സ് ആവുംസ് ചെയ്യുന്ന പ്രവർത്തിച്ചോണ്ടിരിക്കും പക്ഷെ ബ്രെയിന് റിലാക്സ് ആവുന്നു റിലാക്സ് ആവുന്ന കൂടുതൽ കെമിക്കൽസ് ാണ് ഒരാൾക്ക് ആനന്ദ അനുഭവം ആനന്ദ അനുഭവം വാസ്തവം തന്നെയാണ് അനുഭവം ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കുന്നത് എന്താണോ ബ്രെയിനും അതിന്റെ കെമിക്കൽസും എന്തല്ല ബ്രഹ്മ അല്ലെങ്കിൽ പറയുന്നു അറിഞ്ഞിത് കൊച്ചു പിള്ളേരുടെ ചെന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് പ്ലസ് ടുള്ളേരൊക്കെ പറഞ്ഞാ ചെല പിള്ളേരൊക്കെ സ്വാമിയാണെന്ന് വിചാരിച്ചു ബഹുമാനം കൊണ്ട് ചില പിള്ളേരങ്ങനെയുള്ള സ്വാമി ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ഇങ്ങനെയൊക്കെയാ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഹാർമോൺസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ആനന്ദം ചോദിച്ചു കഴിഞ്ഞാ പറയാ നമ്മളിതൊക്കെ ഒന്ന് പറയുന്നത് തലവുര തല വരണമെങ്കിൽ ആരോടെ വേണം നാലഞ്ചു വയസ്സുകൊക്കെ പറഞ്ഞാൽ മതി ്രഹ്മം ആനന്ദരൂപമാണെന്നുള്ള ആനന്ദരൂപമാകുമ്പോൾ ബ്രഹ്മത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകും ശങ്കരാചാ രണ്ടടുത്ത് രണ്ടു തരത്തിൽ പറഞ്ഞിരുന്നു ഒരടുത്ത് പറഞ്ഞിരിക്കുന്നത് മോക്ഷത്തിന്റെ ആനന്ദ അനുഭവം ഉണ്ടാകില്ലെന്നാണ് വേറെടുത്ത് പറഞ്ഞിരിക്കുന്നത് തത്വവിജ്ഞാനികൾക്ക് ആനന്ദ അനുഭവം ഉണ്ടെന്നാണ് എന്താ രണ്ടു രീതി പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശിയന്മാരൊക്കെ വ്യാഖ്യാനിച്ച് തകർക്കുകയാണ് പരസ്പര വിരുദ്ധമായ കാര്യമായി ശരി ആനന്ദം ഉണ്ടാകും പറയുന്നത് ശരിയാണ് ആനന്ദത്തിൽ നമ്മൾ വിസ്മരിക്കുന്നതൊക്കെ ശരിയാണ് കാരണം അവിടെ ആകെ എന്താണ് ബ്രെയിൻസ് അങ്ങനെയാണ് ഇപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്തത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നന്ദ്ര ശരിയാണ് പക്ഷെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ എല്ലാ ആധ്യാത്മിക സമ്പ്രദായങ്ങളും ഇത്തരം അനുഭവങ്ങളെ പറയുന്നു ും ബ്രെയിൻ പൊതുവെ ബ്രെയിൻ രൂപമുണ്ടെങ്കിലും എന്ന് വെച്ചാൽ പാർശ്വത്തിൽ എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് എന്നാലും ഓരോരുത്തരുടെ ബ്രെയിനും ഓരോരു സവിശേഷതകളുണ്ട് ഓരോ ബ്രെയിൻ അതിൻ്റെ ജീനുകൾക്ക് വ്യത്യാസവും പൊതുവേ ബ്രെയിൻ രണ്ടു തരത്തിലാണ് ചെറുതെ ബ്രെയിനി പ്രാധാന്യം ഇമോഷൻ ചിലാണ് അറ്റൻഷന് പ്രാധാന്യം കൊടുത്തത് ഏകാഗ്രതയ്ക്കായി വികാരപ്രധാനമായ ബ്രെയിൻ ഉള്ളവർക്കാണ് ഇമോഷണൽ സ്റ്റേജ് ഇമോഷണൽ സ്റ്റേജ് പറയുന്നതാണ് അടക്കം വയ്യാത്ത ആനന്ദം എന്നൊക്കെ അവർ പറയുന്നത് അവരുടെ ബ്രെയിൻ അങ്ങനെ ആയിരുന്നു അത് അറ്റൻഷനാണ് പ്രാധാന്യമുള്ള അവരുടെ ചിന്തയൊക്കെ വളരെ ഷാർപ്പായിരിക്കും ഏത് ചിന്ത ആയിരുന്നു തീർന്നു വേണം ഏത് ചിന്ത ആയിരുന്നു അപ്പോ അവര് ഇതുപോലുള്ള എന്താണ് വികാരത്തളിച്ച് വികാര ആദിക്ക് അതൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ രണ്ട് ടൈപ്പ് ബ്രെയിൻ വികാര തള്ളിച്ചുണ്ടെങ്കിൽ അവരാണ് ഒരുപാട് ആനന്ദമൊക്കെ അനുഭവിക്കുന്നത് ബ്രെയിനിൽ അവർ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ അറിഞ്ഞു മുഹമ്മദ് വന്നു ശനീനൊക്കെ വരച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിട്ട് വികാര ആധിക്യാണ് ഇമോഷണ അവര് വളരെ വൈകാരികമായിട്ടാണ് കാണുന്നത് അവിടെയാണ് ഈ അനുഭവങ്ങളൊക്കെ കൂടുതലും അതുകൊണ്ടാണ് എല്ലാരും ധ്യാനിച്ചു കഴിഞ്ഞാൽ ആനന്ദം വരാം എല്ലാവർക്കും ആനന്ദം ഉണ്ടാവത്തില്ല ആനന്ദങ്ങനെ പ്രവചിക്കത്തില്ല മണ്ഡലത്തിൽ നിന്നും ആനന്ദം താളോട്ട് പ്രവഹിക്കുന്നു പറയുന്നത് സത്യമാണ് ഈ പറയുന്നത് ആനന്ദ അനുഭവം ഉണ്ട് പക്ഷെ അത് സംഭവിക്കുന്നത് വൈകാരിക ആധിക്യമുള്ള ബ്രെയിനുകളാണ് സംഭവിക്കുന്നത് വികാരത്തിന്റെ ഭാഗമാണ് ഇന്റലക്ച്വലി ഷാർപ്പ് ആണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഭാഗമൊന്നും അറിയും പറ്റില്ല ശ്രീരാമകൃഷ്ണദേവന്റെ താങ്കൾ ഇമോഷണൽ എപ്പോഴും വൈകാരികമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇമോഷണലേക്കുന്നു സമാധിയാവുന്നു ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ് അതുപോലെ നമ്മൾ കാണണോന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ബ്രെയിൻ അങ്ങനെയാണെങ്കിലും അതുകൊണ്ട് ആനന്ദം അനുഭവിക്കും എന്ന് പറയുന്നത് പക്ഷെ അതിനെ പറ്റി ഒന്ന് രണ്ടാമത് അതെല്ലാം ആനന്ദ അനുഭവം കൊണ്ടല്ല എന്ന് ന്യൂറോ സയൻസ് പറയുന്ന കൂടെ അവിടെ അതുകൊണ്ട് ആനന്ദമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ബ്രഹ്മം ആനന്ദമാണെന്ന് പറയുന്നത് എന്താണ് ്രഹ്മത്തിൽ നിന്നാണ് വരുന്നത് ബ്രഹ്മം ആനന്ദമാണെന്നൊക്കെ പറയുന്നത് എന്താണോ തത്വചിന്താപരമായ ഒരു വിശ്വാസം തത്വചിന്താപരമായ ഒരു വിശ്വാസം വിശ്വാസിക്കാൻ ശ്രമിക്കുക വിശ്വാസത്തിന്റെ തലമാണ് എനിക്കിപ്പോ ആനന്ദം ഉണ്ടാവുന്നു ഞാൻ പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒന്നും അവിടെ എഴുതി സൂക്ഷിച്ചു ഞാൻ പറയുന്ന ഒരു കാര്യം ജ്ഞാനം കൊണ്ട് ആനന്ദം ഉണ്ടാവും പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് ഞാനും ഉണ്ടാകാൻ നമ്മളുടെ ഈ പറയുന്ന പ്രോസസ് നടക്കത്തില്ല ഏതാണ് ഡൗൺ പുറമേ നിന്ന് എന്താണ് സെൻസറി ഇൻഫർമേഷൻ അപ്പോ ആ ഒരു ഇതെല്ലാം ഇരിക്കുമ്പോഴത്തേക്കൊരു ബ്രെയിൻ വളരെ റിലീസ് ആവും റിലാക്സ് ആവും സമ്മർദങ്ങളെല്ലാം തുറന്നു അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പഴത്തേക്ക് എന്ത് ചെയ്യും റെസ്റ്റ് എടുക്കേണ്ട എന്തെങ്കിലും അപ്പൊ അവിടെ ഈ കെമിക്കൽ എല്ലാം അങ്ങോട്ട് റിലീസ് ആവും ഇമോഷൻസ് യും സന്തോഷം ആനന്ദം ഇതെല്ലാം അനുഭവിക്കും ജ്ഞാനം എപ്പോഴെങ്കിലും ആകാം ക്രമേണിപ്പൊ നിങ്ങളിപ്പോ രായി പറയുന്നു ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു കേൾക്കൊന്നും നിങ്ങളുണ്ടാവില്ല ഇപ്പൊ ജ്ഞാനത്തിന് ഒരു തടസ്സമുണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് ഈ അതിന്റെ പ്രഡിക്ഷൻ ആണ് ജ്ഞാനം ഓരോ മെല്ലി സെക്രട്ടറിയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സമയത്തല്ല മെല്ലി സെക്രട്ടറി സബ്ജക്ട് മാറുന്നു നിങ്ങളിപ്പോ ബ്രഹ്മസൂത് ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ അതായിരിക്കും വിഷയം അല്ല ഞാനിപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ആനന്ദം എപ്പോൾ സംഭവിക്കും എപ്പോഴാണോ ഈ കെമിക്കൽ റിലീസ് ആവുന്നു അപ്പൊ മാത്രമേ ആനന്ദം ഞാൻ ഏതെങ്കിലും ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരണം വരെ വിശ്രമേ ഇല്ല ഒരിക്കലും ടെസ്റ്റ് എടുക്കും ഉണ്ട് ടെസ്റ്റ് ഉറക്കം ഉറക്കം എന്ന് പറയുന്ന പക്ഷെ അവിടെ വർക്ക് ചെയ്യണം അവിടെ ഈ സെൻസറി ഇൻപുട്ടുകളൊന്നും ജാഗ്രതത്തില് അവിടെയും ബ്രെയിൻ ഇൻപുട്ടുകളൊക്കെ ഉണ്ട് അതാണ് വിശ്വാസകോശം പോലെയുള്ള കാര്യങ്ങൾ ഹോമിയോസ്റ്റാസിസ് ഇതൊക്കെ അത് കണ്ട്രോൾ ചെയ്യുന്ന അവിടെ ഇൻപുട്ടുണ്ട് പക്ഷെ അവിടെ വർക്ക് ചെയ്യാതിരിക്കും അപ്പോ എങ്ങനെയാണ് ഇത്തരം അനുഭവങ്ങളെ ന്യൂറോ സയൻസ് പരവുമായി ഇന്നത്തെ പഠനം ചിന്തിച്ചു കഴിഞ്ഞാ ഒരു കാര്യം വളരെ ഉറപ്പാണ് എന്താണ് പറയാനും ധൈര്യപ്പെടാത്ത കാര്യവും എന്താണ് ആത്മാവെന്റെ ബ്രഹ്മവും ഹോഫും ഇല്ല ആൾക്കാർ പറയും നിങ്ങളെയൊക്കെ ഞാൻ വഴിതെറ്റിക്കുകയാണെന്ന് പറയും വേറെ ഒന്നും സംഭവിക്കില്ല പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുന്നു സായിമാരെയൊക്കെ പറയും വേറെ കൂടെ ഒന്ന് സമ്പാദിക്കാതെ അത് ചിന്തിക്കാനും മനസ്സിലാകാനും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ് മനസ്സിലായോ അപ്പൊ ഇത് എന്താണോ ഞാൻ പറഞ്ഞു എവിടെ ന്യൂറോ സയൻസിലില്ലെന്നാ പറയുന്നു ന്യൂറോ സയൻസിൽ അതുകൂടെ മനസ്സിലാക്കണം ന്യൂറോ സയൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ അനുസരിച്ച് ഇങ്ങനൊരു സാധനം ഇല്ല എന്നാ പറയുന്നു അല്ലാതെ എന്താണ് ബ്രഹ്മസൂത്രത്തില്ലെന്നല്ലാ പറയുന്നു ബാമറിയില്ലെന്നല്ലാ പറയുന്നു നിങ്ങള് തെറ്റിദ്ധരിക്കില്ല മനസ്സിലാ ഞാൻ പറയുമ്പോ ഉറപ്പിച്ചു പറയ ഞാൻ പറയുമ്പോ എനിക്ക് ആണ് വെച്ച് ഞാൻ പറയുന്ന നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചോ നിങ്ങൾ കളിക്കുന്ന പ്രസവങ്ങൾ അനുസരിച്ചോ അതൊന്നും അനുസരിച്ചില്ലെന്നല്ല പറയും അപ്പൊ നിങ്ങൾ ഒരാളെടുത്ത് ബ്രഹ്മം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ബ്രഹ്മ ഇല്ലാന്ന് എന്താണോ ഇന്നത്തെ വച്ച് ഇങ്ങനെ പറയാൻ പറ്റുന്നു ഇന്നത്തെ ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ വെച്ച് നോക്കുമ്പോ ബ്രഹ്മം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയില്ല അങ്ങനെ പറയപ്പെടുന്നു ഇല്ലെന്ന് പറയപ്പെട്ട ഇല്ലെന്ന് പറയാൻ നമ്മളെല്ലാം അറിഞ്ഞില്ലല്ലോ നമ്മളൊരു കാര്യം ഇല്ലെന്ന് പറയണോ ആ നമ്മളൊരു കാര്യം സാധ്യല്ലെന്ന് പറയണെങ്കിൽ നമ്മൾക്ക് അതിനെ കുറിച്ച് തീർച്ച വേണം അപ്പോ നമ്മളെല്ലാം അറിഞ്ഞാലേ തീർച്ച പറയാൻ പറ്റും അതുകൊണ്ട് എന്ന് പറയും അതിനുള്ള ഒരു സാധ്യത അതേസമയം ബ്രഹ്മസൂത്രത്തിനും പാമതി നോക്ക അങ്ങനെ ഒരു ബ്രഹ്മത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു നമ്മള് വർണ്ണിക്കുന്നുണ്ട് ഇത് രണ്ടും പറയും അല്ലാതെ നമ്മൾ ചാടുക ചാടുകയും നിങ്ങളോട് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പരിചയമാണോ പക്ഷെ നമ്മൾ ആൾക്കാരോട് പറയുമ്പോ അങ്ങോട്ട് പറയാൻ പാടില്ല നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുന്നു ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം വന്നു അങ്ങനെ ചർച്ച ചെയ്യുമ്പോ നിങ്ങള് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും പറയേണ്ട ഒരു ജോലി എനിക്ക് എന്താണ് ആധുനിക ശാസ്ത്രം ഇതിനെ കുറിച്ച് എന്ത് അത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു മൂഢന്മാരാക്കിയ മഫന്മാരാക്കിയ അതാകാതിരിക്കാൻ വേണ്ടിട്ട് ആധുനികമായ നൂറോ സയൻസിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് ഇങ്ങനെയാണ് അതിന്റെ ഭൂരിപക്ഷം സയന്റിസ്റ്റുകളും സയന്റിസ്റ്റ് ഫിലോസഫേഴ്സും ഫിലോസഫി ഓഫ് സയന്റിസ്റ്റ് സയൻസ് അവരും ഒക്കെ ചിന്തിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മ വർണ്ണിക്കുന്നതിലും അദ്വീതത്തിൽ വർണ്ണിക്കുന്ന തരത്തിലുള്ള ബ്രഹ്മത്തിനോ ആത്മാവിനോ യാതൊരു കാണുന്നില്ല ഒരു സാധ്യതയും ഇത്രയും നമുക്ക് കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും പറയാൻ കാരണം മനുഷ്യന്റെ എന്ന് പറയുന്നത് പരിമിതമാണ് സയൻസിൽ പോലും എന്താണ് ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് സയൻസിന് ഏതെങ്കിലും ഒരുഗുലാരിറ്റി ആത്യന്തികമായി നിലനിൽക്കുന്നു പറയുന്നതിന് ലോജിക്കൽ എന്നാ പറയുന്നത് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സൂര്യനുദിക്കുന്നു ഇന്നലെ സൂര്യൻ തുടർന്ന് നാളെയും തുടർന്ന് സൂര്യനുദിക്കും എന്ന് ലോജിക്കലായി പറയാൻ പറ്റുന്നു പറയുന്ന സയൻസി സയൻസിനും ശരിയില്ലെന്നാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് നാളെ എന്താവും നോക്കുന്ന അറിയാൻ പറ്റും പറ്റത്തില്ലല്ലോ ഇന്നലെ ശരിയാണ് ഇന്ന് നാളെ എന്താവും അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ റെഗുലാരിറ്റീസിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റിയിട്ടെന്നോ െ സംബന്ധിച്ചു പറയാൻ പറ്റില്ല പക്ഷെ ഇത്രയും പറയൂടിച്ചു അത് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷേതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ കാമാകുമെന്ന് തന്നെ പറയും അക്കാര്യത്തിൽ തെറുപ്പൊന്നുമില്ല ധ്യാനം എന്തൊക്കെ അത് എന്താണ് ഒരുപാട് പരീക്ഷണങ്ങളിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പരീക്ഷണങ്ങളിലൂടെ ഒരു ഹാർവാഡുള്ള ഒരു സയന്റിസ്റ്റ് ഒരു യു ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് റിച്ചാർഡ് ഡേവിഡ്സൺ ഇവരുടെയൊക്കെ പഠനങ്ങളുണ്ട് ഈ റിച്ചാർഡ് ഡേവിഡ്സൺ പറയുന്നത് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഈ ധ്യാനത്തിനൊക്കെ പഠനം നടത്തുന്നത് ഇവരിലാണ് ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റ് അവരിലൊക്കെ പഠനം നടത്തി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ധ്യാനത്തിന്റെ ആ പോകുമ്പം എന്ത്ോ ബ്രെയിൻ വളരെ കാമാകുന്നു അവർക്ക് ആനന്ദം ഉണ്ടാകുന്നു പക്ഷെ അങ്ങനെ അവർ പറയുമ്പം അവർ പറയുന്നെന്താണോ അവിടെ അതിന്റെ പിന്നുള്ള മെറ്റാ ഫിസിക്കൽ എന്റിറ്റി അങ്ങനെയൊന്നുമില്ല സംഭവങ്ങൾ നടക്കുന്നതൊക്കെ അവിടെ ഇതാണ് അവർ പറയുന്നത് അല്ല ഇത് നടക്കുന്നില്ലെന്നണ്ടോ പറയുന്നു ബ്രെയിൻ പഴയകാലത്ത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇന്നതറിയാം ഇത് പഠനങ്ങൾ നടത്തുന്ന നടത്തുന്നതും തെളിയിക്കപ്പെടുന്നതുമായ കാര്യങ്ങളാണ് അതുകൊണ്ട് മനസ്സിനെ ശാന്തമാകുന്ന മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രയോജനമില്ലാത്തതാണെന്നല്ല പറയുന്നു പ്രയോജനം ഉണ്ടെന്ന് തന്നെയാ പറയുന്നുണ്ട് അതെന്താണ് റിച്ചാർഡ് ജാസ ഗവേഷണ ഫലങ്ങളൊക്കെ അന്വേഷിച്ച കിട്ടും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചെന്ന് മനസിലാക്കും അപ്പൊ അതുകൊണ്ട് ആനന്ദം ഇങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നു പക്ഷെ ഇവിടെ പറയുന്ന എന്താണത് ബ്രഹ്മത്തിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത് അത് പഴയ നമ്മുടെ ശാസ്ത്രങ്ങളുടെ നിലപാട് ശാസ്ത്രങ്ങളുടെ നിലപാടായി മനസ്സിലാക്കും അതായതിൽ പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒന്നിനോട് അടുപ്പമോ ഒന്നിനോട് അകൽച്ചയോ ഇഷ്ടമോ വെറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓരോരുത്തരുടെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കി പറയുന്നു ഇത്രയുള്ളൂ മനസ്സിലായ ശങ്കരാചാര്യ പറഞ്ഞത് അബദ്ധമാണെന്നോ ബാമതികാരം പറഞ്ഞ അബദ്ധമാണെന്നുണ്ടെ പറയുന്നു ന്യൂറോ സയൻസ് അബദ്ധമാണെന്നും പറയുന്നു എല്ലാത്തിനും ഓരോരോ പഠനങ്ങൾ ഓരോന്നും അതാ അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാനീ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഇത്ര തെറപ്പിച്ചൊക്കെ പറയുന്ന പോയി അതേ ഭാഷയിൽ അതേ ടോണിൽ വർത്തമാനം പറയുന്നു പറയുകയാണെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനികമായ ന്യൂറോ സയൻസിന്റെ പഠനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം ആ ധാരണയിൽ പറഞ്ഞ് നമ്മള് ന്യൂറോ സയൻസ് പഠിക്കണമെന്നല്ല പോപ്പുലർ സയൻസ് പോപ്പുലർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരത്തില സയൻസിന്റെ ഞാൻ ഈ പറയുന്ന പറയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞിട്ട് കാരണം നോക്കാൻ പറയാൻ പറ്റും ആര് പറഞ്ഞു എന്ന് അപ്പോ പോപ്പുലർ സയൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അത് നമുക്ക് പഠിക്കാൻ താല്പര്യം അത് സർട്ടിഫിക്കറ്റിലൊന്നും ഒരു കാര്യമില്ല എനിക്കാണല്ലോ എന്തെല്ലാം സർട്ടിഫിക്കറ്റ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് നമ്മൾ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേഷഭൂഷാദികളോടുകൂടി ആൾക്കാരുടെ കൊണ്ട് അവരുടെ അംഗീകാരത്തിനും അതിനു വേദന പോകുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് നമ്മളതിനൊന്നും പോകാത്തടത്തോളം കാരണം നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് യാതൊരു വിധയും കൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ നൊമ്പി ചെന്നിട്ട് ഇതൊക്കെ പ്രദർശിപ്പിക്കുകയും കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോ അവിടെ പ്രശ്നം നമ്മൾ അതിനൊന്നും പോകാതിരിക്കണെങ്കിൽ പ്രശ്നം അതാ നമ്മുടെ സ്വകാര്യ ചിന്തകൾ സ്വകാര്യ ഗ്രൂപ്പുകളിൽ പഞ്ച പങ്കുവെക്കുന്ന ചിന്തകളാണ് മനസ്സിലായോ അതിനപ്പുറം അത് നമ്മളിതൊരു സാമൂഹ്യ പ്രശ്നമായി സമൂഹത്തിന് മുൻപി അവതരിപ്പിക്കുന്നതല്ല ഇതൊരു ഇഷ്യൂ ആക്കുന്നതല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞാൻ കുറച്ച് പേരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവരെ എന്നെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചു അല്ല നമ്മള് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്ത് മാത്രേകിച്ച് അറിവിന്റെ കാര്യത്തില് ആരോടും പ്രത്യേകിച്ച് മനസ്സിലാക്കിയ കാര്യം പറയും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് തന്നറിഞ്ഞാൻ വേണ്ടെന്ന് പറയും അതിന്റെ നമ്മളെ അറിവ് സംബന്ധിച്ചിട്ടതോളം നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണോ എന്താണോ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് അറിഞ്ഞ കാര്യങ്ങളിൽ നമുക്കുള്ള കോൺഫിഡൻസ് മനസ്സിലായ അറിഞ്ഞ കാര്യങ്ങൾ നമുക്കുള്ള കോൺഫിഡൻസ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് രണ്ടാമത് എന്താണ് ഒരറിവും അവസാനം അല്ല എന്നുള്ള ബോധം മൂന്നാമതെന്താണോ ഏതറിവും തിരുത്താനുള്ള സമയത്ത് ഇതാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ഇതും അറിയാം പക്ഷെ പറയോ ന്യൂറോ സയൻസ് പറയണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ആൾക്കാർ വളരെ അതിവൈകാരികമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇമോഷണലായ ആൾക്കാരാണ് അവരുടെ നമ്മള് സംസാരിക്കുന്നതും വളരെ സംസാരിക്കുന്നു മനസിലായോ നിങ്ങളും ഇമോഷണലാണോ എന്നാലും ഞാൻ പറഞ്ഞു കൊറേ കേട്ട് കേട്ട് കേട്ട് കുറച്ച് മാറ്റം വന്നാണ് അല്ലേ മാറ്റം എന്താ ഇമോഷണൽ ആണ് അതുകൊണ്ടല്ലേ നിർത്തിയത് എന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ആചാര്യനായി ഇരിക്കേണ്ട ആളാണ് അപ്പൊ എനിക്കത് പറ്റില്ല മനസിലായി എന്തുകൊണ്ടത് ഏ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വയ്ക്കേണ്ട യാതൊരു ആവശ്യവും കാരണം എന്താണോ നമ്മള് പഠിക്കുന്നതോറും നമ്മളെ അറിവ് വികസിക്കുകയും നമ്മൾ പഠിക്കുന്നതോറും നമ്മളെ അറിവ് തിരുത്തുകയും ചെയ്യുകയാണ് അപ്പൊ കമിന്മെന്റ് പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യം രണ്ട് സംഭവിക്കണം മനസ്സിലായ അപ്പൊ നമ്മള് റിവ് വികസിച്ചുകൊണ്ടിരിക്കും നമ്മളെ അറിവ് തിരുത്തുകൊണ്ടിരിക്കും അപ്പോ ബ്ലൈൻഡായിട്ടുള്ള കമ്മിറ്റ്മെന്റ് പറയുന്നത് പിന്നെ നമുക്കൊന്നും പഠിക്കാനും ചിന്തിക്കാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ ലൈഫ് പറയുന്നത് തന്നെ യൂസ്ലെസ് ആയിട്ട് വീട്ടുകാരെ കുറിച്ച് നമ്മളെ നമ്മളിപ്പോ ഇത് ഇതൊക്കെ പഠിക്കാൻ ഇറങ്ങുന്ന ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയാണ് അതിനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ കമ്മിറ്റ്മെന്റോ പഠിക്കാൻ നമ്മള് നമ്മുടെ ലൈഫ് സ്പെന്റ് ചെയ്യുന്നു നമ്മുടെ എല്ലാ തരത്തിലുള്ള അധ്വാനം സ്പെൻഡ് ചെയ്യുന്നു എല്ലാത്തിനു വേണ്ടി സ്പെന്റ് ചെയ്തിട്ട് അവസാനം എന്താകാൻ പാടില്ല അവിടെയാണ് പ്രശ്നം അപ്പോ ഒരു തുറന്ന സമീപനമായിരുന്നു അത് പഠിക്കേണ്ടത് ഗുരുവിന്റെ ജീവിതത്തിൽ നിന്നും ഗുരുവിന്റെ ചിന്തയിൽ നിന്നും അതാണ് പഠിക്കേണ്ടത് അത് പഠിക്കുമ്പോഴാണ് ഒരു ഇത് വരുന്നത് ഗുരുവിന്റെ ചിന്താ രീതി അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ യും ആശ എഴുതി വായിച്ചിട്ടുണ്ടോ ഗുരുവിനോടൊപ്പം കടന്ന കാലം താമസിക്കും വേദാന്തൊക്കെ പഠിച്ച് എല്ലാം ചെയ്ത ആശാലാണ് അവസാനം എഴുതിയാ ലോക രഹസ്യം ആർക്കുമേ എന്ന് പറഞ്ഞ അർത്ഥം അറിവിനവസാനം ഇല്ല അറിവിനവസാനം ഇല്ല എന്നും അറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യങ്ങളാണ് അതാണ് പറഞ്ഞു തിരിക ലോകരഹസ്യം ആക്കുന്നേ പഠിക്കുന്നു അതെവിടെയാണ് ചിന്താപഷ്ടി അല്ലേ ആനന്ദത്തെ കുറിച്ചു ആനന്ദത്തെ കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോഴേ പൊതുവായിട്ട് ഇങ്ങനെ കാര്യങ്ങളെ ഒരു ധാരണ നമുക്ക് വേണം ഇല്ലെങ്കിൽ ആരായി പോവും കൂടുതൽ പോവും അതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത് ജീവൻ ഇങ്ങനെ സാക്ഷാത്കാരം ആനന്ദത്തിന്റെ സാക്ഷാത്കാരം അവർ ഭവിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ലോ അതുകൊണ്ട് ആനന്ദഘനമായ ബ്രഹ്മാത്മതാമിച്ചത ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മ ഭാഷികാരെ ഓരോരുത്തർ നിഷേധിച്ചാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് എന്താണോ ആനന്ദസ്വരൂപമായ ബ്രഹ്മാത്മത ആ ബ്രഹ്മാത്മാ ബ്രഹ്മസാക്ഷാത്കം അത് ആഗ്രഹിക്കുന്നവൻ വും ജ്ഞാനം ലക്ഷ്യം അതിന്റെ ഉപായമായി ആഗ്രഹിക്കേണ്ട അപ്പോ ബ്രഹ്മ ജിജ്ഞാസയുടെ അർത്ഥം ജിജ്ഞാസ എന്ന് പറഞ്ഞിരുന്നത് അറിയുന്നതിനുള്ള ആഗ്രഹം ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഈ ആഗ്രഹം ഈ പറയുന്ന ബ്രഹ്മാത്മത അനന്ത രൂപത്തിലുള്ള ആ ബ്രഹ്മാത്മത ഇച്ഛിക്കുന്നു ബ്രഹ്മാത്മത്വം അനന്തരൂപത്തിലുള്ള ബ്രഹ്മത്തെ ഇച്ഛിക്കുന്നു അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതിനുള്ള വഴി എന്താണ് അതാണ് ബ്രഹ്മജിജ്ഞാസ് ജിജ്ഞാസയുടെ അർത്ഥം എന്താണ് അറിഞ്ഞിട്ടിപ്പോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അറിയുന്നത് ആ ബ്രഹ്മാത്മത്വത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി അറിയുന്നു അപ്പൊ അറിവ് എങ്ങനെ ആനന്ദ എത്തി എത്തിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എങ്ങനെ എത്തിക്കും അറിവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നരണ്ട് പോയിന്റുകളെ പറയുന്നുള്ളു അത് തന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ അറിവെങ്ങനെ പറഞ്ഞാൽ പോരാ വഴി കണക്ക് വഴി എഴുതി കണക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിയുമ്പോ അജ്ഞാനം അജ്ഞാനം നിശ്ചിച്ച് കഴിഞ്ഞാൽ പിന്നീട് ബ്രഹ്മത്മത്വം ഇങ്ങനെ ആനന്ദരൂപത്തിൽ അനുഭവമായിട്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നതും ഞാനും അജ്ഞാനത്തെ നിശ്ചിച്ച് ഞാനും അജ്ഞാനത്തെ കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നവര ആനന്ദ രൂപത്തിലുള്ള ബ്രഹ്മാത്മാ അതിനു വേണ്ടിട്ട് ഞാനത്തെ ആഗ്രഹിക്കേണ്ടി ഞാനും വന്നുകഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്മാരാ ആ വഴിയാണ് കൂടെ പറയുന്നത് എന്നാണോ